umnasaka B sair uma oficina-nada-ba, No ano se conhece, no ano se conhece, vamos ver sua cofina, no ano se conhece, പ്രത്യക്ഷാതി പ്രമാണങ്ങളും പ്രമാണ പ്രമേയ വ്യവഹാരങ്ങളെല്ലാം പ്രത്യക്ഷാനുമാനം പ്രത്യക്ഷാനുമാനം എന്താണ് അവിദ്യ ഉള്ളവനെ ആശ്രയിച്ചിട്ടാണെന്ന് പറയാം കുഴപ്പമില്ല അവിദ്യയുള്ളവനാണ് പ്രത്യക്ഷ പ്രമാണം ഉപയോഗിക്കുന്നതും അനുമാന പ്രമാണം ഉപയോഗിക്കുന്നതും പ്രത്യക്ഷാധീനി ആ വിദ്യാഭ്യയാണ് ഇപ്പൊ അതായിക്കോട്ടെ ഓരോ ഞങ്ങൾ സമ്മതിക്കാറ് അപ്പോ ആത്മാവിനെ കുറിച്ച് ഒരാളറിഞ്ഞു വിപത്തി അത് വിദ്യ അങ്ങനെ ഞാനോ ഉണ്ടായന വിദ്യ എന്ന് പറയും വിദ്യ ഉണ്ടായാൽ ആ വിദ്യ വിദ്യാസം അധ്യാസം നശിച്ചാ പിന്നെ വ്യവഹാരം പാടില്ല ഈ വിഷയത്തെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നു നശിച്ചാൽ വ്യവഹാരം നടക്കുന്നു വിദ്യ എന്ന് പറയുന്ന ആത്മാവിളെ കുറിച്ചുള്ള അറിവാണ് അത് വന്ന ആവിദ്യ നശിക്കുന്നു പിന്നെ വ്യവഹാരം നടക്കുന്നു എന്ത് വ്യവഹാരം പ്രമാണ പ്രമേയ നടക്കുമെന്ന് പറഞ്ഞാൽ പ്രശ്നമാണ് കാരണം വിദ്യ ഉണ്ടായി അവ നശിച്ചു അവിദ്യ പിന്നെ വ്യവഹാരം നടക്കില്ല കാരണം വ്യവഹാരത്തിന് കാരണം അവിദ്യയാണ് അപ്പോൾ പറയുന്നു ശരി പ്രത്യക്ഷാദി വ്യവഹാരങ്ങൾ അത് അവിദ്യയുള്ളവരിലും നടക്കാം അവിദ്യയുള്ളവന് പ്രത്യക്ഷാധികാരം നടക്കുന്നു അതാണ് പ്രത്യക്ഷാധീനി അവിദ്യാപത് വിഷയാണ് അവിദ്യ ഉള്ളവനെ ആശ്രയിച്ചാണ് പ്രത്യക്ഷം അനുമാനം രണ്ട് നടക്കുന്നത് ശാസ്ത്രം അങ്ങനെയല്ല എന്നാണ് ശാസ്ത്ര ശാസ്ത്രമാവട്ടെ ജ്യോതിഷമേന സ്വർഗകാമോ യജേദി ഇത്യാദി ദേഹാത്മ അധ്യാസേന പ്രവൃത്തി ശാസ്ത്രത്തെ അധികപ്പെടുത്താൻ പറ്റില്ല ശാസ്ത്രം അധ്യാസത്തെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നതല്ല ശാസ്ത്രം ഏതാണ് ജ്യോതിഷ്ടോമേനോ സ്വർഗകാമോ യജയിത ഇതാണ് ശാസ്ത്രം ജ്യോതിഷ്ടോമോന്ന് പറയുന്ന ഒരു യാഗത്തിന്റെ പേരിൽ അതുകൊണ്ട് അത് സ്വർഗകാമോ സ്വർഗത്തെ ആഗ്രഹിക്കുന്നവൻ യജയിത ആ യാഗം ചെയ്യണം ഇത് എവിടെയുള്ള വാക്യമാണ് ഇത് വേദത്തിലുള്ള വാക്യമാണ് ജ്യോതിഷ്ടോമം എന്ന് പറയുന്ന യാകഞ്ചേലം സ്വർഗത്തെ ആഗ്രഹിക്കുന്നു ഇതാണ് ശാസ്ത്രം ഇത് ആ വിദ്യ ഉള്ളവനെ ആശ്രയിച്ച് ഇത് നിലനിൽക്കുമോ ഈ വിധി നിലനിൽക്കുമോ എന്നാണ് ചോദ്യം അപ്പോ ഈ ഒരു വാക്യം ണ്ടാക്കിയാണ് പുരോഹിതന്മാര് എന്തിനീ വാക്യുണ്ടാക്കി യാഗം മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ആ യാഗത്തിന് ഒരു പേര് കൊടുത്തവര് തന്നെ ജ്യോതിഷ്ടോ മറ്റുള്ളവരെ കൊണ്ട് ഈ യാഗം ചെയ്യിപ്പിക്കും അതിനുവേണ്ടിട്ടാണ് ഈ ഒരു വാക്യം ഉണ്ടാക്കിയത് അപ്പൊ ചെയ്യുന്ന ആരായിരിക്കും ചെയ്യുന്നത് രണ്ടു കൂട്ടരുണ്ട് ചെയ്യുന്നതിന് ഒന്ന് കാശ് മുടക്കുന്ന കാശുള്ള ആരോ അവരാണ് യാഗം ചെയ്യുന്നത് അതാത്തവർക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ കാശ് മുടക്കുന്നവന് എന്ത് പേരാ പറയുന്നത് കർമ്മത്തിന്റെ പിന്നെ ഇനി വേറെ കുറച്ച് പേരുണ്ട് ആരാണ് വൃത്തിക്കാണ് നിജപൂജാരിമാൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാകില്ല പറഞ്ഞുതരാം രസീത് എഴുതുന്ന ആളാണ് ആര്ത്തിന രാവിലെ അവിടെ പോയി ഗണപതി യോഗം ചെയ്യുന്ന ആരാണ് പുരോഹിതൻ പുരോഹിതനാണ് അത് ചെയ്യുന്നത് അപ്പോൾ പുരോഹിതനും ഒരു പ്രവൃത്തിയുണ്ട് പുരോഹിതനും മന്ത്രം ചെല്ലണം ഹവിസ് അവിടെ അർപ്പിക്കണം അതിന്റെ മറ്റ് അതിനോടനുബന്ധിച്ച് ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യണം അത് പുരോഹിതനോണ്ട് പണി യജമാനോണ്ട് പണി അപ്പോ ഇതിന് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ആർക്ക് കിട്ടും എന്നുള്ളതാണ് ആർക്കാ കിട്ടുന്നത് അപ്പൊ ഈ ചെയ്യുന്ന പുരോഹിതനോ ദക്ഷിണോ ഇതാണ് ഇവിടെ പറയുന്നത് എന്റെ ചുരുക്കം അപ്പോ ഈ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ നേട്ടം ആർക്കാണ് ജയമാർ യാതൊരു നേട്ടവും ഇല്ല ഇയാളെ കൈ ഇരിക്കുന്ന കാശാരുടെ കൈ പോകും പുരോഹിതന്റെ കൈ പോകുന്നുള്ളത് ഇയാൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന ആർക്കറിയാം പുരോഹിതനറിയാം പക്ഷെ അവനറിയത്തില്ല ഈ രസീത് എഴുന്നവനറിയത്തില്ല ഇതുകൊണ്ടൊരു ഗുണവും ഇല്ലാന്ന് പക്ഷേ ചെയ്യുന്നവനറിയാം എന്താണ് ഏ ചെയ്യുന്നവനറിയാം അത് അവനൊന്നും കിട്ടത്തില്ല ഇതിന്റെ ഇത് എനിക്കാണെന്ന് അടുത്ത കാലത്തൊരു പൂജാരിയുടെ ഭാര്യയ്ക്ക് സൗതായി അപ്പൊ ഒരു വലിയൊരു പ്രയാസമായി ചില ആൾക്കാർ പൂജാരി തുടങ്ങി എന്താണ് ആദ്യം പറഞ്ഞത് ഇവർക്കൊരു ഇത് നടന്ന സംഭവമാണ് കഴിഞ്ഞ മാസം ഒരു നല്ല ഒരു ഹോം ഒരു ഹോമവും പിന്നെ ചില രക്ഷയും ഒക്കെ ഈ ഭാര്യക്ക് വേണ്ടി ചെയ്യണമെന്നു പറഞ്ഞു അസുഖായന്റെ പിറ്റേ വസു പറഞ്ഞു വേറെ അവര് പറഞ്ഞത് പൂജാരിയുടെ അമ്മ പറഞ്ഞു മരുമകൾക്ക് നാളെ തന്നെ നമുക്ക് ഒരു പൂജയൊക്കെ ചെയ്യണം അപ്പം പൂജാരി പറഞ്ഞു ഞങ്ങളൊന്നും വേണ്ട നാളെ തന്നെ ഇവിടെ നല്ല ആശുപത്രി കൊണ്ട് കാണിക്കുന്നു അപ്പൊ പൂജാരിക്ക് അറിയാം ഈ ഹോമം ഇതും നടത്തുക യാതൊരു പ്രയോജനം ഉണ്ടാകത്തില്ല എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണമെങ്കിൽ കുഴപ്പമാണ് ആശുപത്രിയിൽ പോകണം അത് പൂജാരി ആയതുകൊണ്ടായ്ക്കറിയാം അതുപോലെ ജ്യോതിഷോമേന സ്വർഗ്ഗകാമോ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജ്യോതിഷോമൻ ചെയ്യുന്ന ചെയ്യുക എന്ന് പറയുമ്പോൾ യജമാനും പ്രവർത്തിക്കണം പൂർവീതന്മാരും പ്രവർത്തിക്കണം യജമാനന് സ്വർഗം കിട്ടുമെന്നാണ് പുരോഹിതന് ഇവനോട് പറഞ്ഞിരിക്കുന്നത് പുരോഹിതന് ദക്ഷിണ കൊടുക്കണം അത് അതിന്റെ നിയമമാണ് അപ്പൊ പുരോഹിതന് ലാഭമുണ്ട് ഇഹലോകത്തിൽ കിട്ടേണ്ട എല്ലാ നേട്ടങ്ങളും ആർക്കുണ്ടാവും പുരോഹിതന് പരലോകത്ത് കിട്ടുന്ന നേട്ടം ആർക്ക് യജമാന അതാണ് ജ്യോതിഷമിയുടെ സ്വർഗകാമോ വിജയിത ഇത്യാദി ദേഹാത്മ അധ്യാസേന പ്രവർത്തി മർഹതി പൂരോക്ഷ പറയാണ് ഇവിടെ ദേഹാത്മ താതാത്മ്യം കൊണ്ട് അത്യാസം കൊണ്ട് യാഗം നടക്കത്തില്ല പൂരോക്ഷി പറയാണ് ദേഹാത്മ താതാത്മ്യം കൊണ്ടല്ല നടക്കുന്നത് അത് എന്തുകൊണ്ടാണ് നിന്ന് വിശദീകരിക്കും എന്തുകൊണ്ടാണ് അത്ര ഫല ഉപഭോഗ്യതീയത അതായത് യാഗം നടത്താൻ ഈ വാക്യം എഴുതി വെച്ചാല് പുരോഹിതന എഴുതി വെച്ച് അപ്പൊ പുരോഹിത വാക്യം എഴുതി വെച്ച് ഈ വാക്യം പറഞ്ഞു കേൾപ്പിക്കുകയാണ് കാശുള്ളവനെ എന്നിട്ട് അവനോട് പറയണെ നിനക്ക് സ്വർഗത്ത് പോവാണെന്നാരിയില്ല ഈ പറയുന്നത് നിന്റെ അസുഖം മാറുന്നു ലോട്ടറി അടിക്കുമെന്ന് എന്തെങ്കിലുമൊക്കെ പറയും പറഞ്ഞിട്ട് അവനോട് പറയും നീ യാഗം ചെയ്യണമെന്ന് പറയും ഹോമം ചെയ്യണമെന്ന് പറയും അപ്പോ ഇവിടെ എന്തെങ്കിലും കിട്ടും എന്ന് പറഞ്ഞു ഇപ്പൊ ലോട്ടറി അടിക്കുമെന്നോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ വിശ്വസിച്ചെന്ത് വരും കിട്ടിയില്ലെങ്കിൽ വേണ്ട ചെയ്തു നോക്കാം ഇവിടെ ആവുമ്പോൾ റിസ്ക് എടുക്കാൻ തയ്യാറാവും നിനക്ക് ഇന്നും നല്ല ജോലി കിട്ടാൻ പോവുകയാണ് പരീക്ഷയിൽ ഉയർന്ന റാങ്കിൽ പാസ്സാകുമ്പോഴണം എന്നൊക്കെ പറഞ്ഞ അവൻ ഇതിന് തയ്യാറാവും അവൻ നല്ലോണം പഠിച്ചിട്ടുണ്ടെങ്കിൽ അവന് റാങ്ക് കിട്ടും നല്ലോണം പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടും പിന്നെ ലോട്ടറിയുടെ കാര്യത്തിൽ ചിലപ്പം കിട്ടിയില്ലെന്ന് വരും എന്നാലും കുഴപ്പമില്ല പറയും നിനക്ക് പാവമുള്ളതുകൊണ്ട് കിട്ടിയില്ല വിഘിനമുള്ളതുകൊണ്ട് കിട്ടിയില്ലെന്ന് പറയാം എല്ലാത്തിനും മറുപടിയുണ്ട് പൂജാരിയുടെ സ്വർഗ്ഗത്ത് പോകുന്നതിന് ഒരു വലിയ പ്രശ്നമുണ്ട് പൂജാരി പറയുന്നു ഞാൻ കാശ് മുടക്കാം പൂജാരിയോട് പറയണം യജമാന യാഗം ചെയ്യാം പക്ഷേ സ്വർഗ്ഗത്ത് പോകുന്നവര് ഞാൻ മരിച്ചു പോകുന്നയാളല്ലേ ഞാൻ മരിച്ചു പോകുന്നു പിന്നെ ആര് സ്വർഗത്ത് പോകും ആരുടെ ചോദ്യമാണോ യജമാനിന്റെ ചോദ്യമാണ് ഞാൻ മരിച്ചു പോയി ഇത്രയും കാശു മുടക്കി സർവസ്വദാനൊക്കെ ചെയ്യണം തന്റെ സമ്പത്ത് മുഴുവ ദാന ചെയ്യണം അത് ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ ഈ പുരോഹിതനെ കൊടുക്കണം അപ്പൊ ഞാനിതൊക്കെ ചെയ്തിട്ട് മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ആർക്കാസം ഉറക്കം മരിക്കും എന്നുള്ള ഉറപ്പാണല്ലോ അവിടെയാണ് പുരോഹിതന്റെ ബുദ്ധി അവിടെ പുരോഹിതം പറഞ്ഞു എന്താണ് നീ കാരണം നീ മരിച്ചുപോകും പക്ഷെ മരിച്ചു പോയാലും മരിക്കാത്ത ഒരാത്മാവ് ശേഷിക്കും ആത്മാവ് സ്വർഗത്തുപോയി ഈവിടെ ചെയ്യുന്ന ഈ ജ്യോതിഷ്ടോമ യാഗത്തിന്റെ ഫലം അനുഭവിക്കും എന്ന് ഈ പുരോഹിതൻ ഈ യജമാനെ പറഞ്ഞു വിശ്വസിപ്പിച്ചു എന്തുകൊണ്ട് യജമാനൻ മരിച്ചാലും മരിക്കാത്ത ഒരാത്മാവ് ശേഷിക്കും അവനെ വിശ്വസിപ്പിച്ചു പൂജാരി ഉറച്ച് പറഞ്ഞു കഴിഞ്ഞപ്പം വിശ്വസിച്ചു തറപ്പിച്ചു പറഞ്ഞു ഉറപ്പായിട്ടൊന്നും നീ മരിക്കത്തില്ല മരിച്ചു കഴിഞ്ഞാൽ നീ ഭസ്മമായി പോവും പക്ഷെ നിന്റെ ആത്മാവ് സർവത്തുപാതിന് അങ്ങനെ ഒരു ആത്മാവുണ്ട് അപ്പൊ ഇത് മീമാംസര് പുരോഹിതന്മാര് ഈ അദ്വൈതമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് വളരെ പ്രാചീനന്മാരാണ് വേദമാണല്ലോ ഏറ്റവും പ്രാചീന സാങ്കേതിക യോഗമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പുള്ളതാണ് വേദം ഈ വേദത്തിലെ പുരോഹിതന്മാര് കണ്ടെത്തിയൊരു വിദ്യയാണ് അപ്പോ സാധാരണ ആൾക്കാർ പറയുന്നത് എന്താണ് ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് കുത്തി ഇരുന്ന് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോ എന്ത് ചെയ്തു ആത്മാവിങ്ങനെ അവർക്ക് പ്രകാശമായി ആത്മാവിങ്ങനെ വെളിപ്പെട്ടെന്നൊക്കെയാണ് ശരിക്കും വേദത്തിൽ ആത്മാവിനെ ഇങ്ങനെ കണ്ടെത്തിയത് എങ്ങനെ കണ്ടെത്തിയത് ഈ കൊനിഷ്ടബുദ്ധിയാണ് ഇവനെ പറ്റിക്കാൻ വേണ്ടി കണ്ടെത്തിയൊരു സാധനമാണ് ഈനാമ്പേച്ചിയാണ് ഈ ആത്മാവെന്ന് പറയും കൊച്ചു പിള്ളേരെ പേടിപ്പിക്കാൻ വേണ്ടി എന്തുപറയും കഴിച്ചില്ലെങ്കിൽ ഈനാമ്പേച്ചി വന്ന് പിടിച്ചോണ്ട് എന്ന് പറയുന്നതുപോലെ എന്തു പറഞ്ഞു നീ മരിച്ചു കഴിഞ്ഞാ ീ ഭസ്മമായി പോയാലും നിനക്ക് സ്വർഗത്ത് പോണെങ്കിൽ നിനക്കൊരാത്മാവുണ്ട് അത് സ്വർഗത്ത് പോകുന്ന പറഞ്ഞ് ഇവനെ പറ്റി ഇവനെ കൊണ്ട് യാഗം ചെയ്യിപ്പിക്കാൻ വേണ്ടി ഈ വൈദികന്മാരായ ആദിവാസികൾ എന്തു ചെയ്തു അന്നത്തെ കാശുള്ളവനെ പറ്റിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചു എന്നാണ് എന്ത് ഹോമല്ല ആത്മാവ് അല്ല ആരും ധ്യാനിച്ചു ഇതിന്റെ പിന്നത് വെറും കുരുട്ടു ബുദ്ധിയാണ് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച എന്താണ് പന്തങ്ങളുടെ പെരിച്ചാഴി പോലെ ഇരിക്കുന്നു വിശ്വാസം വരുന്നില്ല അല്ല ഞാനിപ്പോ പറയാണ് ഞാനിപ്പോ ഇങ്ങനെ ഇരുന്ന് ധ്യാനിച്ചപ്പോ ആത്മാവൻ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കും സത്യം പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല ഉള്ള കാര്യം പറഞ്ഞാൽ വിശ്വസിക്കില്ല തട്ടിപ്പാണ് പറയണെങ്കിൽ ഇപ്പോൾ അവിടെ നിരഞ്ഞിട്ട് കാലം എഴുതണ്ട ആത്മാവിനെ കണ്ട ഒരു മഹാനിരിക്കുന്നതെന്ന് പറഞ്ഞു ഉള്ള കാര്യം പറഞ്ഞാൽ സംശയമാണ് ഇത് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് ഈ എന്താണ് പണ്ട് വേട്ടയാടിയും പറക്കിത്തന്നും നടന്നിരുന്ന അതില് കുറച്ച് പേർക്ക് ബുദ്ധിമുട്ടായിരുന്നു ഇവർക്കെന്താണോ ഇങ്ങനെ അലഞ്ഞ് നടന്ന് വല്ലതോക്കാൻ മരങ്ങളുടെ ചൂട്ടിന്നൊക്കെ പറകിത്തുന്നു വിശപ്പെടക്കണമെങ്കിൽ ഒരുപാട് നടക്കണം ആളുകളിൽ വേട്ടയാടണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ട് ഈ രണ്ട് പണിയും ചെയ്യാതെ ഇവർക്ക് സുഖമായിട്ട് ചാപ്പിടാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവർ കണ്ടുപിടിച്ച വിദ്യയാണത് ആത്മാവ് അപ്പൊ ഈ കഷ്ടപ്പെട്ടെന്തെങ്കിലുമൊക്കെ അധ്വാനിച്ച കൊണ്ടുവരുന്നവൻറെ അടുത്ത് പറയും നീ ഒരു കാര്യം ചെയ്യു ആ കൊണ്ടുവന്നൊക്കെ ഇങ്ങിവാസി വേറെ ആദിവാസിയോട് പറയും തന്നാല് നിനക്ക് ഭയങ്കര സുഖമാണ് സ്വർഗത്തിന് നിന്ന് ഞാൻ അയക്കാം എന്ന് പറയും ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ടില്ലെന്ന് അല്പസുഖം നിനക്ക് പരമസുഖം എവിടെ കിട്ടും സ്വർഗത്തിൽ ഇപ്പം എന്നാ പോകാമെന്ന് പറയും ഇപ്പോൾ അത് തരാൻ പറ്റില്ല എന്നുണ്ട് സ്വർഗം വേണ്ടേ ഈ ലോകത്തന്നെ ഈ സ്വർഗ്ഗം തരാൻ പറ്റില്ല നീ മരിച്ചതിന് ശേഷം നിനക്ക് സ്വർഗത്തിൽ കിട്ടും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് സ്വർഗ്ഗത്ത് പോകുന്നു മരിച്ചു കഴിഞ്ഞാൽ ആരും സ്വർഗത്ത് പോകുന്നു ഞാൻ കാണുന്നില്ല അപ്പോൾ അവനോട് പറഞ്ഞു കൊടുത്ത് എന്താണോ അതിനൊരു വഴിയുണ്ട് ഞാൻ പറയുന്നവരെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ മരിക്കാത്ത ആത്മാവ് സ്വർഗത്ത് പോകുന്നു പറയും ഇങ്ങനെ പറഞ്ഞുകൊടുത്ത അവനാണ് ആരായത് ബ്രാഹ്മണജാതി അങ്ങനെ ഉണ്ടായതാണ് പുരോഹിത വർഗം ഉണ്ടായ അപ്പൊ അതിങ്ങനെ പറഞ്ഞുകൊടുത്തപ്പോഴത്തേക്ക് അത് എങ്ങനെയാ ഇതൊക്കെ ചെയ്യുന്നത് ഇതിലെ കുറെ തന്ത്രമന്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ വളരെ പ്രധാനമായും മന്ത്രം ഈ മന്ത്രമൊക്കെ എന്താണ് ഏവൻ കുറച്ച് അതിന് കുറെ സംഗതികളൊക്കെ ഉണ്ടാക്കി അത് ഉണ്ടാക്കിത്തെവൻ എന്ത് ചെയ്തു ഈ ഇവനത് പറഞ്ഞു കൊടുക്കില്ല ഇവൻ പറഞ്ഞുകൊടുത്താ അവനും ചെയ്യത്തില്ലേ അതുകൊണ്ട് അവന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കും മറ്റുള്ളവർക്ക് ആകും പറഞ്ഞുകൊടുത്തില്ല നിങ്ങൾ ഇതിങ്ങനെ ജീവിക്കണം എന്നാർ പണിയെടുക്കട്ടെ നമുക്ക് ഇങ്ങനെ ജീവിക്കാന്ന് പറഞ്ഞ് മക്കളെ പഠിപ്പിച്ച് അങ്ങനെ മക്കളും മക്കളായപ്പോൾ അതെന്തായി മാറി ഒരു പ്രത്യേക ജാതിയായി പണിയെടുക്കുന്നൊരു വേറൊരു ജാതിയായി അതാണ് മനുഷ്യന്റെ ചരിത്രം വാസ്തവത്തിലുള്ള ചരിത്രം അങ്ങനെയാണ് അപ്പോൾ ഈ പണികളൊന്നും ചെയ്യാതെ അതിനുവേണ്ടി അവരെന്ത ചെയ്ത് കുറച്ച് ഇതുപോലെ കുറെ പാട്ടുകളൊക്കെ ഉണ്ടാക്കി പഴയ കാലത്ത് വയൽ പാട്ടുകൾ പോലെ ഉണ്ടല്ലോ പാട്ടുകളൊക്കെ ഉണ്ടാക്കി ആ പാട്ടുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കില്ലാ നിയമവും വച്ച് അവരൊന്നും പഠിക്കാൻ പാടില്ല നാലെയുള്ള ഈ പാട്ടാണ് വേറെ ഒന്നും ഇവർക്ക് അറിയത്തില്ല ആൾക്കാർ ഭജിക്കുന്ന ഈ പാട്ടുകളാകുള്ളത് ഇത് അവൻ മറ്റുള്ളവൻ എന്താണ് അത് പഠിച്ചു കഴിഞ്ഞാൽ അവൻ ചെയ്യത്തില്ലേ അവൻ ചെയ്താൽ പിന്നെ അവന് വരുമാനം ഉണ്ടാവും അതുകൊണ്ട് അവന് ഇതാരെയും പഠിപ്പിക്കരുത് നിങ്ങള് മാത്രം പഠിച്ചാൽ മതി പഠിച്ചിട്ട് ചെയ്യണമെന്ന് സ്വന്തം മക്കളെ പഠിപ്പിച്ച് അതിലൊരു പരമ്പര ഉണ്ടായിക്കൊണ്ടുവന്നപ്പോൾ ഒരു ജാതി തിരിഞ്ഞു ഇതാണ് പറയുന്നത് പ്രവൃത്തിക്കനുസരിച്ച് ജാതി മാറിയത് അങ്ങനെയാണ് ഓരോ ജാതികളും ഉണ്ടായത് കാശുണ്ടാക്കുന്നവരല്ല ഒരു ഗ്രൂപ്പായി ഈ കാശ് ഞാൻ തട്ടിക്കുന്നതും ഗ്രൂപ്പായി ഇപ്പൊ എന്ന് പറയുന്നത് ലോകത്തെല്ലായിടത്തും ഇങ്ങനെ തട്ടിപ്പിലൂടെ വളർന്നു എന്നാണ് പിന്നെ ഇവർ പലതും ഞങ്ങൾക്ക് പല ദിവ്യമായ ശക്തികളും കഴിവുകളും ഒക്കെ ഉണ്ടെന്നൊക്കെ ഇവര് ഭാവിച്ചു പിന്നെ എന്തു ചെയ്തു ഈ തട്ടിപ്പിന് ശക്തി കൂട്ടാൻ വേണ്ടി ഇവര് പല ഈ തട്ടിപ്പില് പല പല സംഗതികളുണ്ടാക്കി ഹോമം ഹോമകുണ്ടോ അത് ചെയ്ത് മറ്റത് മറിച്ച് അതിന് കണക്കുകൾ ഇതെല്ലാം വേറെ ആർക്കും പിടി കിട്ടാതെ പാല പരിപാടികൾ ഇവരുണ്ടാക്കി വെച്ച് കുഴിയെടുത്ത് അതിനകത്ത് ആ പരമ്പരയിൽ നിന്ന് പത്തയ്യായിരം വർഷം മുമ്പ് പൂർവികന്മാരെ കണ്ടുപിടിച്ചാണ് അങ്ങനെ അതൊരു അങ്ങനെയാണ് ജാതി വ്യവസ്ഥ ഉണ്ടായത് ആത്മാവുണ്ടായെന്നും അങ്ങനെ അതാണ് ഇവിടെ എന്താണോ ഇത്രയും തെളിച്ചാലും പറഞ്ഞു തരത്തില്ല മനസിലായ ആ ഇനിയെങ്കിലും നല്ല വഴി തെളിയണു അതിനുവേണ്ടിയിട്ട് ഇപ്പൊ പറയുന്നു അത്രകലു ആമുഷ്മല ഉപഭോഗ്യോ ഇവിടെ ഈ പുരോഹിതം പറയാണ് ആമുഷ്കഫലം എന്ന് വെച്ചാൽ സ്വർഗഫലോ സ്വർഗീയസുഖങ്ങൾ അതിന്റെ ഉപഭോഗം അതിന്റെ അനുഭവത്തിന് യോഗ്യമായ അധികാരി ഒരധികാരി ഉണ്ടെന്ന് പ്രതിയതെ മനസ്സിലാക്കാം ോകത്തിലെ ഫലം അനുഭവിക്കുന്നതിന് പറ്റിയൊരു അധികാരി ഉണ്ടെന്ന് മനസ്സിലാക്ക ആരാണ് ഈ ആരാണ് ആത്മാവ് ആത്മാവാണ് അധികാരി മനസിലായോ ഇവിടെ കർമ്മം ചെയ്യുന്നവൻ ആത്മാവാണ് അവിടെ പോയി ഫലം അനുഭവിക്കുന്നവനോ അവനും ആത്മാവാണ് അവനാണ് അധികാരി കർമ്മം ചെയ്യുന്നവൻ തന്നെ ഫലം അനുഭവിക്കും ചത്തുപോകുന്നു പറഞ്ഞ് ഈ പണി ചെയ്യാതിരിക്കണ്ട യാഗം ചെയ്യാതിരിക്കണ്ടായിട്ടുണ്ടാകും ഫലം അനുഭവിക്കാവുന്ന ശേഷിക്കും അതാണ് ആത്മാവ് ഇത് ഇന്നെന്തെങ്കിലും പറഞ്ഞല്ല ഈ ശങ്കരാചാര്യൊക്കെ ജനിക്കുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആദിവാസി മനുഷ്യര് പറഞ്ഞ് വെച്ച കാര്യ ആത്മാവിന് അവര് ഏതു തരത്തിലാണ് ആത്മാവിനെത്തിച്ചേർന്നെന്നുള്ളത് ബുദ്ധിയുണ്ടെങ്കിൽ മനസ്സിലാക്കണം മനസിലായ ഇനിയുള്ള തലമുറയെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഇനി വരുന്ന തലമുറ ഇത് പറഞ്ഞ ആൾക്കാർ പറ്റിച്ചോണ്ടിരിക്കും അത് പറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത് പ്രതീയതേ ഇതിനു വേണ്ടിയിട്ട് ആദ്യം പറഞ്ഞ വാക്യം ഇതാണ് ജ്യോതിഷോമേന സ്വർഗകാമോ ഇവിടെ ജ്യോതിഷോമോന്നേ പറഞ്ഞുള്ളൂ അതാ യാഗത്തിന്റെ പേരിൽ ഇത് എങ്ങനെ ചെയ്യണം ഏത് രീതി ചെയ്യണം ആര് ചെയ്യണം എന്തൊക്കെ ചെയ്യണം ഒരുപാട് നൂലാമാലകൾ ഇതിനകത്ത് വരുമല്ലോ നൂലാമാലകൾ ഉണ്ടാക്കി വയ്ക്കും ഇതിനെ വളരെ സങ്കീർണമാക്കും കാരണം ഇത് എല്ലാരും ചെയ്യാൻ പാടില്ല ഇത് തന്റെ കുടുംബക്കാരെ ഇത് ചെയ്യാവൂ പഴയകാലത്ത് നാട്ടിൻപുറത്ത് വിഷവൈദ്യന്മാരാണ് അവര് പാമ്പ് കടിച്ചു വന്ന മരുന്ന് കൊടുക്കും ഈ മരുന്ന് കുടുംബക്കാർക്കേ പറഞ്ഞു കൊടുക്കും മറ്റുള്ളവർക്കാർക്കും പറഞ്ഞുകൊടുക്കത്തില്ല എന്തുകൊണ്ട് കാരണം വിഷം കടിച്ചു വന്ന ഒരു ജീവനെ രക്ഷപ്പെടുത്തുന്നതല്ലേ പണമുണ്ട് ക്രെഡിറ്റുണ്ട് പല കാര്യങ്ങളും ഉണ്ട് ഇത് വേറെ ആരുടെ കയ്യിലും പോകാൻ പാടില്ല അങ്ങനെ പാരമ്പര്യമായി പഴയകാലത്ത് വിദ്യകൾ സൂക്ഷിച്ചിരുന്നു കാരണം സമ്പത്തും പ്രശസ്തി ആ കുടുംബക്കാർക്ക് കിട്ടണം അതുകൊണ്ട് ഇവര് എല്ലാ കൃത്രിമങ്ങളും അധികം വേറൊരാളത് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി സാറിന് വിഷവൈദ്യമാരെല്ലാം കൊടുക്കുന്ന മരുന്ന് കൊടുക്ക മൂലി എന്ന് പറയുന്നത് അറിയാമോ എന്താണ് എന്താണ് ഇതാണ് കൊടുക്കുന്നത് എല്ലാവരും ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊരു വിഷവൈദ്യം ഉണ്ടായിരുന്നു ഇയാളെ വീട്ടിലാരെങ്കിലും വിഷം കടിയായിട്ട് കൊണ്ടുവന്ന് ഇയാള് അങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ഇയാള് മരുന്നെടുക്കാൻ പോകും ഇത് ബുദ്ധിമാനാണ് മരുന്നെടുക്കാൻ പോകുന്ന ആ വഴിക്ക് ഇയാളവിടെ നട്ട വളർത്തിയിട്ടിട്ടുണ്ട് പോകുന്ന വഴിക്ക് ഇയാൾ അവിടെ കാണുന്ന എല്ലാ ഇലകളും പിച്ച് പിച്ചി കൊണ്ടുപോകും പോയിട്ട് അവസാനം ചെന്ന് മറ്റേ ഇല പിരിച്ചു വരും എന്തിനാണ് ഇതെല്ലാം പിച്ചെന്നത് ഏ മറ്റാരെങ്കിലും ഇയാളുടെ പിറകെ പോയി ഇയാൾ എന്താണ് എടുത്തതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി വഴി കാണുന്ന അതും ഇതുമൊക്കെ കൊണ്ടുപോകും അപ്പൊ ആൾക്കാർക്ക് ആ കൺഫ്യൂഷനായി ഏതാണ് എന്റെ മരുന്ന് ഇപ്പോൾ പാരമ്പര്യ നിഗൂഢ വിദ്യകളൊക്കെ സംരക്ഷിക്കുന്ന ഇങ്ങനെ തട്ടിപ്പുകളിലൂടെ അതുകൊണ്ട് ഒരു വാക്യം ഒരു വാക്യത്തിൽ പറയണേ ജ്യോതിഷോമം ചെയ്താൽ സ്വർഗം കെട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വളരെ സങ്കീർണമാക്കാനുവേണ്ടിട്ടാണ് ജൈമിനീയ സൂത്രങ്ങൾ ഉണ്ടായത് സൂത്രങ്ങൾ എന്ന് വെച്ചാൽ കോഡ് ഭാഷയിൽ എഴുതി വെക്കുകയാണ് പിന്നെ അതെന്താണോ മനസ്സിലാവുന്ന അതിന്റെ വ്യാഖ്യാനം വേണം അത് നൂലാമാനാണ് അപ്പൊ വളരെ വളരെ സങ്കീർണമാക്കി വെച്ചു കഴിഞ്ഞാല് വേറെ ആരും ഇത് കൈവശപ്പെടുത്തത്തില്ല ഈ സൂത്രം കൊണ്ടാക്കുന്നതിന്റെ ഒരു കാര്യം അതാണ് ആർക്കിനും കേട്ടാലും മനസ്സിലാവരുത് ഈ ചാരന്മാരൊക്കെ കോടുഭാഷ ഉപയോഗിക്കാൻ അതുപോലെ അപ്പൊ ഇത് നമ്മുടെ പരമ്പരയിലേ നിക്കാവും അപ്പൊ ഇതാരേ പഠിക്കത്തുള്ളൂ ഈ പുരോഹിത വർഗമേ പഠിക്കത്തുള്ളൂ അവരെ പഠിച്ച് അവരുടെ പരമ്പരയെ നിലനിർത്തി അവരിത് ചെയ്ത് അവരിതിന്റെ കാശാങ്ങും വേറെ ആർക്കും ഇത് ചെയ്യാൻ പറ്റി ഈ പുരോഹിതന്മാരല്ലാതെയുള്ള ആൾക്കാർ ഇതൊക്കെ പഠിച്ചപ്പോഴാണ് ഇതിന്റെ രഹസ്യങ്ങൾ പുറത്തു ഇതൊക്കെ തട്ടിപ്പാണെന്ന് മനസിലായി മൊത്തം തട്ടിപ്പാണ് മൊത്തം പുരോ പൗരോഹിത്വം എന്ന് പറയുന്നത് എന്താണോ അടിസ്ഥാന ആ തട്ടിപ്പിന്റെ ഏറ്റവും അടിസ്ഥാനമാണ് ഈ പറയുന്നത് ഇത് മനസ്സിലാക്കി പിന്നെ ആരെങ്കിലും ഈ പൗരോഹിത്യം ചെയ്യും ചെയ്യുമോ എങ്ങനെ അതിനെ കുറിച്ച് പിന്നെ പറയാം അത് ഇത് മനസ്സിലാക്കാം അതിലോട്ട് പോയാൽ വിഷയം മാർപ്പു ഇത് ഈ തട്ടിപ്പിന്റെ അടിസ്ഥാനം ഇതാണ് ആ സൂത്രത്തെയും കൂടെ പറയുന്നു എന്താണ് തഥാത് പാരമർഷം സൂത്രം പാരമർഷംന്ന് വെച്ചാൽ പരമർഷി പ്രണീതം പരമർഷി ആരാണ് ജൈമിനി ജൈമിനി ഉണ്ടാക്കിയ ഒരു സൂത്രമാണ് ജയനീയ സൂത്രങ്ങളിൽ ഇതൊരു പൂർവപക്ഷ സൂത്രമാണ് പക്ഷെ ഇതിന്റെ സിദ്ധാന്തഭാഗവും വരും എന്താണ് ശാസ്ത്രഫലം പ്രയോക്തരി തല്ലക്ഷണത്വയം പ്രയോഗേ സ്യാദ് അടുത്തൊരു സൂത്രം കൂടെ ഉണ്ട് അന്യോവാസ്യാത് പരിക്രയ ആംനാനാദി പ്രതിഷേധ രണ്ട് സൂത്രങ്ങളുണ്ട് ഞാനൊന്നേ വെളിപ്പെടുത്തിയിട്ടുള്ളൂ എന്താണ് ഈ സൂത്രത്തിന്റെ അർത്ഥം ശാസ്ത്രഫലം പ്രയോക്തരി വളരെ വ്യക്തമാണ് സ്വർഗകാമോ അതിന്റെ ഈ സൂത്രത്തിന്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത് ദൃശ്യപൂർണമാവർഗകാമോ യജേത പോലുള്ള വലിയ വാക്യങ്ങൾ വെച്ചിട്ട് അതിന്റെ അങ്ക അങ്കികളുടെ ഒക്കെ വിചാരത്തിലൂടെ വളരെ വിപുലമായൊരു ചർച്ചയാണ് ഇവിടെ ഇപ്പൊ ആയാലൊന്നും ഞാൻ കടക്കുന്നില്ല കാരണം അത്രയും വലിയ ആവശ്യമുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള തട്ടിപ്പ് മാത്രം പറഞ്ഞു കൂടെ വിശദമായിട്ടൊന്നും പറയുന്നത് വിശദമായ കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി അപ്പൊ ഇതിലിപ്പോ നമുക്കിവിടെ ആവശ്യമുള്ളൂ ഈ തട്ടിപ്പ് മനസ്സിലാക്കാനുള്ള കാര്യം മാത്രം പറയാ ശാസ്ത്രഫലം ശാസ്ത്രത്തിന്റെ ഫലം എന്ന് വെച്ച ജ്യോതിഷമേണോ സ്വർഗകാമോ യജേത എന്ന് പറയുന്ന ഈ വാക്യത്തിലൂടെ ഒരു യാഗത്ത് വിധിച്ചു അതിന്റെ ഫലം അതാണ് സ്വർഗ്ഗഫലം അവിടെ സ്വർഗ്ഗമാണ് ഫലം അത് പ്രയോക്തരി അതാ യാഗം ചെയ്യുന്നവനിലാണ് എന്നാണ് യാഗം ചെയ്യുന്നവനാണ് ഫലം അപ്പൊ അവിടെ സംശയമുണ്ടാവും യാഗം ചെയ്യുന്നാര് ഒന്ന് യജമാനൻ മറ്റൊന്ന് പുരോഹിതന്മാര് ആർക്കാ ഫലം അതിവിടെ പറയുന്നില്ല ഇവിടെ പറയുന്നത് എന്താണ് യാഗം ചെയ്യുന്നവന് ഫലം അതുകൊണ്ടാണ് പൂർവക്ഷസൂത്രം എന്ന് പറയുന്നത് അത് യജമാനാണോ ഫലം അതെ ഒരു മന്ത്രം ചൊല്ലുകയും മറ്റ് ഏർപ്പാടുകളൊക്കെ ചെയ്യുന്നവനാണോ ഫലം അതെന്തോ ആയിക്കോട്ടെ ചെയ്യുന്നവന് ഫലം തല് ലക്ഷണത്വാദ് എന്തുകൊണ്ട് അതിന് ശാസ്ത്രം പ്രമാണമാണ് ലക്ഷണമെന്ന് വെച്ചാൽ പ്രമാണം ശാസ്ത്രം പ്രമാണങ്ങൾ എന്താണ് കർമ്മം ചെയ്യുന്നവന് ഫലം തസ്മാത് അതുകൊണ്ട് സ്വയം പ്രയോഗെ സ്യ സ്വയം പ്രയോഗേ കർമാനുഷ്ഠാനത്തിൽ യജമാനൻ ആകുന്നു കർമ്മം ചെയ്യുന്നവൻ ആ കർമ്മത്തിൽ യജമാനനാകുന്നു അപ്പൊ യജമാനു ഫലം കിട്ടുമെന്ന് വന്നേ യജമാനാണ് ഫലം കിട്ടുന്നത് അപ്പൊ യജമാനന് ഫലം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ വൃത്തിക്കുള്ളതിനായി പണിപെടുന്ന ഈ തട്ടിപ്പ് ആസൂത്രണം ചെയ്യുന്നതിന് എന്തായതുണ്ടോ ഗുണം യജമാന് ഫലം കിട്ടും എന്താണ് സ്വർഗം ശനുമാലിന്റെ കയ്യിലിരിക്കുന്ന കാസന്മാരുടെ കയ്യിലാവും പുരോഹിതന്റെ കൈയിലാവും അപ്പൊ അവന് പറയുന്നു അന്യോവാസ്യനി അന്യൻ വരാമഫലം പറയുന്നു പരിക്രയ ആമനാനാദി പ്രതിഷേധ അപ്പോ യജമാനല്ലാതെ മറ്റൊരാൾക്കല്ല ഫലം കിട്ടുന്നത് യജമാന് തന്നെയാണ് പിന്നെ യജമാനവിടെ ചില ജോലികളുണ്ട് എന്താണ് യജമാനായിരുന്നു കൊണ്ട് അതിന്റെ മുഖ്യമായ ൃത്തിക്ക് പറയുന്നത് ചെയ്യെന്ന് പറയുമ്പോൾ അത് ചെയ്യുന്ന ആ ഒരു ജോലിയുള്ളൂ പിന്നെ പരിക്രയം എന്ന് പറഞ്ഞാൽ കാശ് കൊടുത്ത് ഈ വൃത്തിക്കളെയൊക്കെ യാഗത്തിലേക്ക് കൊണ്ടുവരിക അത് ആമനാനം വേദമന്ത്രങ്ങൾ ചൊല്ലുക ഇതെല്ലാം പ്രതിഷേധ ഇതെല്ലാം യജമാനവും നിഷേധിച്ചിരിക്കുകയാണ് ഇതന്നെ യജമാനെ നിഷേധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് പരിക്രയണം നിഷേധിക്കാന്ന് പറഞ്ഞ എന്താണ് യജമാന് യജമാനെ കാശുകൊടുത്ത് ഈർത്തിക്കായിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ യജമാനന് വൃത്തിക്ക് വേറെയുണ്ട് അപ്പൊ യജമാനെ പരിക്രയണം ചെയ്യാന്ന് വെച്ചാ തന്നെ തന്നെ ചെയ്യാൻ പറ്റില്ല അവിടെയാണ് ബുദ്ധി ഉപയോഗിക്കുന്നത് യജമാനൻ സ്വയം യാഗം ചെയ്യാൻ പറ്റില്ല മനസ്സിലായോ എന്നാ ഈ വിദ്യയൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ തന്നെ ഇത് ചെയ്യാന്ന് പറഞ്ഞ ചെയ്യാന്ന് നിങ്ങൾ സമ്മതിക്കൂ രാവിലെ ഗണോദ്യോഗം നടത്താൻ ഒരാൾ വന്നു ആണ് ഞാൻ തന്നെ നടത്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കൂ ഇല്ല അപ്പൊ എന്തു ഇവിടെ പറയണു യജമാനന് തന്നെ തന്നെ പരിക്രയണം ചെയ്യാൻ പറ്റില്ല ആരെത്തിക്കായിട്ട് തന്നെ തന്നെ സ്വീകരിക്കാൻ പറ്റില്ല പിന്നെ യജമാന് സ്വയം തന്നെ അമ്മ ചൊല്ലാനും പറ്റില്ല അപ്പൊ അതിന് വേറെയാളുണ്ട് എന്ന് പറയുമ്പോൾ അവർക്ക് ഫലം വേറെയാണ് പിന്നെ അതിന്റെ വിശദീകരണത്തിൽ വരും എന്താണ് വർത്തിക്കുകൾ അവിടെ കാണും അവര് മന്ത്രം ചൊല്ലും അവരെ യജമാനം കാശ് കൊടുത്തെടുക്കണം അവരുടെ ഫലപാതി വന്നു ഈ പരിക്രയണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കിട്ടി എന്താണ് അവർക്ക് കിട്ടുന്ന എന്താണ് കാശ് എന്നുവെച്ചാൽ ചുരുക്കത്തിൽ എന്താ പറയുന്നത് യജമാനന് സ്വയം കർമ്മം ചെയ്യാൻ പറ്റത്തില്ല ആര് ചെയ്യുന്ന കർമ്മം ചെയ്യുന്ന കർമ്മം ചെയ്യാൻ പറ്റില്ല അപ്പൊ കാശ് കൊടുത്ത് രസീത് എഴുതിയെ നടത്താൻ പറ്റും എന്നുള്ള വ്യക്തമാണ് വാശി പിടിക്കാറില്ലേ സമാധിക്കാത്ത ആരും കേറ്റാൻ പാടില്ല എന്തുകൊണ്ട് അവൻ ഒരു പൂജകളെ പോയാൽ പിന്നെ നമുക്കൊന്നും കണ്ടത്തില്ല ദക്ഷിണയില്ല ഒരു വരുമാനവും ഇല്ല രാജാക്ഷേത്രത്തിൽ ആരെയും കേറ്റാൻ പാടില്ല പണ്ടത്തിന്റെ തുടർച്ച തന്നെയാണ് ഇവിടെ അത് തന്നെയാ പറയുന്നത് എന്താണ് കാശ് കൊടുത്ത് യജമാന യജമാനത്തന്നെ കൊണ്ട് യജമാന കർമ്മം ചെയ്യുന്നവനാക്കാൻ പറ്റത്തില്ല അവൻ പുറത്ത് നിൽക്കാനേ പറ്റും വേദമന്ത്രങ്ങൾ അവന് സ്വയം ചൊല്ലാൻ പറ്റില്ല അതിന് വേറെ ആള് തന്നെ വേണം ചുരുക്കത്തിന് എന്തായി രണ്ടുമൂടെ പറയാതെ പറഞ്ഞൊപ്പിച്ച് യജമാനൻ അവിടെ ഇരുന്ന് കാശു മുടക്കി മറ്റുള്ളവർക്ക് കാശു മുടക്കി അവരെ കൊണ്ട് മന്ത്രം ചൊല്ലിച്ച് കർമ്മം ചെയ്യണം കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഫലം ആർക്ക് മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ഫലം കിട്ടണം എന്ന് ഈ യജമാനം വിശ്വസിക്കണമെങ്കിൽ യവം പോരാ പിന്നെ എന്തുകൂടെ വേണം ആത്മാവുടെ വേണം അങ്ങനെയാണ് ആത്മാവിനെ കണ്ടെത്തിയത് അല്ലാരും ആത്മാവിനെ ധ്യാനിച്ച് കണ്ടെത്തിയല്ല മനസിലായ ആരും ആത്മാവിനെ ധ്യാനിച്ചു കണ്ടെത്തി ഒന്നുമില്ല ഇന്നിപ്പോ നിങ്ങള് പ്രസംഗത്തിലൊക്കെ പറയും പഴയ ഋഷിന്മാരിങ്ങനെ ഇരുന്നു കൊത്തിയിരുന്നു ധ്യാനിച്ചപ്പോ അവരുടെ ചെടികൾ അവർക്ക് അടിയിൽ ചൂട് കയറി അവിടെ നിന്നും പൊങ്ങി വന്നു എന്നിട്ട് ആത്മാവിനെ കണ്ടെത്തി ഒന്നുമില്ല വെറും തട്ടിപ്പാണ് അതുകൊണ്ടാണ് ബുദ്ധൻ ആത്മാവിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല കാരണം ബുദ്ധന് അറിയാതെ ഈ ആത്മാവ് പറയുന്ന ഏർപ്പാട് യുവന്മാരും ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയാണ് അത് വെച്ച് എന്തായാലും ആൾക്കാരെ പറ്റിക്കേണ്ട ബുദ്ധൻ തീരുമാനിച്ചത് ബുദ്ധൻ ആത്മാവിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല അങ്ങനെ ഒരുപാടെ പറഞ്ഞില്ല ഇത് ശരിക്കും മനസ്സിലാക്കി കൊണ്ടാണ് ഇത് പറഞ്ഞോ ബുദ്ധനറിയാൻ പറ്റും കാലാകാലം ലോക അവസാനം വരെ ഈ തട്ടിപ്പ് തുടർന്നുകൊണ്ടേയിരിക്കും ആൾക്കാരെ ഇത് വെച്ച് പറ്റിച്ച് കാശുണ്ടാക്കും എന്നുള്ള ബുദ്ധനെ അറിയാൻ പറ്റും അവനാണ് ബുദ്ധൻ ആത്മാവിനെ കുറിച്ച് ആൾക്കാർ ചോദിച്ചു ആത്മാവുണ്ട് മൗനം പാലിച്ചു ഒന്നും മിണ്ടിയില്ല ഇല്ലാന്ന് തീർത്ത് പറഞ്ഞ അടി കിട്ടും മൗനമെന്ന് പറയുന്നത് അല്ല മീമാംസകര് പുറമീമാംസകര് ജൈമിനിയുടെ ആൾക്കാർ അവര കണ്ടുപിടിച്ചും ബാക്കിയുള്ളവർ പിന്നെ എങ്ങനെയൊക്കെ ഉപയോഗിച്ചു എന്നുള്ള ഇനി വരും അപ്പൊ ഞാൻ പറയാം ഈ ആത്മാവിനെ കണ്ടെത്തിയ കാര്യമാണ് ഞാൻ പറയുന്നത് പിന്നെ ഇതന്നെ പലരും പല രീതി ഉപയോഗിച്ചു അത് വേറൊരു കാര്യം നമ്മളൊക്കെ ഇന്ന് ആത്മാവനെ ഉപയോഗിച്ച് തന്നെയാണ് വയറ് നിറയ്ക്കുന്നത് സ്ത്രീകൾക്ക് അധികാരമില്ല അതൊന്നുമില്ല അത് പണ്ടത്തെ കാരണം അവർക്ക് പുരുഷന്മാർക്ക് ആത്മഹത്യ പുരുഷന്മാരൊക്കെയാണ് ആത്മഹത്യ ഉണ്ടായിട്ടുള്ളത് ഉം ഇത് പുരുഷന്മാരെ കുറിച്ചാണ് പറയുന്നു ഇതെല്ലാം പറയുന്നു ശാസ്ത്രം എഴുതി വച്ചിരിക്കുന്നത് പുരുഷന്മാർക്കാണ് സ്ത്രീകൾക്കല്ല ആണുങ്ങളുടെ കാര്യം പറയുന്നു ആത്മാവിനെ കണ്ടെത്തി ഇങ്ങനെ എന്നാ ഞാൻ പറയുന്നു കാരണം ഇത് പറഞ്ഞിരിക്കുന്ന ഇവിടെ മനുഷ്യന്റെ ചരിത്രത്തിൽ ആദ്യം ഉണ്ടായ സാഹിത്യം അതാണ് വൈദിക സാഹിത്യം എന്ന് പറയുന്നത് അതിനെന്തൊരു സാഹിത്യം ഉണ്ടായിട്ടില്ല സാഹിത്യത്തിൽ ആണ് ഇക്കാര്യം പറയുന്നത് ആ സാഹിത്യത്തിലാണ് എന്തിനെ പറയുന്നത് ആത്മാവിനെ കുറിച്ച് പറയുന്നത് ആ സാഹിത്യത്തിൽ ആത്മാവിനെ കുറിച്ച് പറയുന്നത് ഈ രീതിയിലാണ് മനസ്സിലായോ എന്ന് പറയുമ്പോ ആത്മാവിനെ കണ്ടെത്തിയത് ആരും ധ്യാനിച്ചു കണ്ടെത്തിയ അല്ല എവിടെയാണെങ്കിലും പരസ്യമായിട്ട് ആത്മാവിനെ കണ്ടെത്തിയത് ഇങ്ങനെയുള്ള ഒരു തട്ടിപ്പ് ബുദ്ധിയിലൂടെയാണ് കണ്ടെത്തിയത് അത് കഴിഞ്ഞ് പിന്നെ ആത്മാവിനെ കുറിച്ച് പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു അത് വേറെ അത് വേറെ കഴിഞ്ഞു അപ്പൊ പിന്നീട് ആത്മാവിനെക്കുറിച്ച് ചിന്തിച്ചതിൽ ഏറ്റവും പ്രാചീനനായ ആളാണ് ബുദ്ധൻ ശ്രീ ബുദ്ധൻ ബുദ്ധൻ ഇത് ബുദ്ധൻ ആത്മാവിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല കാരണം അതൊരു തട്ടിപ്പാണെന്ന് ബുദ്ധന് മനസ്സിലായിരുന്നു വിചാരിച്ചു ബുദ്ധൻ പുനർജന്മം പോലെയുള്ള കാര്യങ്ങൾ അംഗീകരിച്ചില്ലെന്നുള്ളതല്ല അതൊക്കെ വേറെ കാര്യം ഈ പറയുന്ന ആത്മാവ് അങ്ങനെ അംഗീകരിക്കാത്തതാണ് ഇപ്പൊ ഇവിടെ പറയുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഈ പുരോഹിതന്മാര് ിലൂടെയാണ് ആത്മാവിനെ കണ്ടെത്തിയെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇപ്പോഴാണ് ഞാൻ ഒന്നും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞപ്പോ ആൾക്കാർ അത് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ആൾക്കാർക്ക് വിശ്വസിക്കാൻ വയ്യ അസുഖം ഞാൻ ആത്മാവിനെ നേരിട്ട് കണ്ടയാളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കും അസുഖം ആത്മാവിനെ ഇങ്ങനെയാണ് കണ്ടെത്തിയെന്നുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ൾക്കാരെന്ത്യ അത് അംഗീകരിക്കില്ല അതുകൊണ്ട് പറയുന്നു ശാസ്ത്രഫലം പ്രയോക്തരി തലക്ഷണത്വ അതിന് ശാസ്ത്രം പ്രമാണമാണ് സ്വയം പ്രയോഗേശ സ്വയം യജമാനനാണ് അനുഷ്ഠാനം ചെയ്യുന്നത് യജമാനനാണ് ഫലം എന്ന് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ സിദ്ധാന്തപരമായി ഇത്രയേ ഉള്ളൂ ഈ സൂത്രത്തിൽ കർമ്മം ചെയ്യുന്ന യജമാനനാണ് ഫലം എന്നു വന്നു കഴിഞ്ഞാൽ ആ ഫലം അനുഭവിക്കണമെങ്കിൽ കർമ്മം ചെയ്യുന്നവനെന്ത് ചെയ്യണം മരിച്ചു കഴിഞ്ഞാലും അവന് ശേഷിക്കുന്ന ഒരാത്മാവ് ഉണ്ടായിരിക്കണം ആത്മാവായിരിക്കണം കർമ്മം ചെയ്യുന്നു ആത്മാവായിരിക്കണം ഫലം അനുഭവിക്കണം അപ്പം ആത്മാവ് മരിച്ചതിന് ശേഷം ഇത് പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ടാണ് ഇവൻ കൈയിരിക്കുന്ന കാശെല്ലാം മുടക്കി എന്തു ചെയ്യുന്നത് യാഗം ചെയ്യുന്നു പണ്ടും ഇന്നും അങ്ങനെയുണ്ട് ഞാൻ ഈ പറഞ്ഞത് വ്യക്തമായ അവിടെ പറയുന്നത് ദേഹാദി ഭസ്മീഭൂതം പാരലോകിക അതിരിതം കഞ്ചിത് അധികാരണം ആക്ഷിപതി ശാസ്ത്രം വ്യക്തമായി പറയുന്നു എന്നുവെച്ചാ ദേഹാദിപസ്മീഭൂതം ദേഹം മറ്റുമൊക്കെ എന്തായി പോവും ഭസ്മമായി പോകും യാഗം ചെയ്യുന്നവനും ചെയ്യിക്കുന്നവനും യാഗത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും എന്തൊക്കെയുണ്ടോ എല്ലാം ഭസ്മായി പോവും അവസാനം ദേഹാദി ഭസ്മീഭൂതം പാരലൗകികാരലൗകിക ഫലം സ്വർഗഫലത്തിന് വേണ്ടി ന അർഹമായി തീരുന്നില്ല സ്വർഗ്ഗഫലത്തിന് യോഗ്യതയുള്ളതായി തീരുന്നില്ല ഇതിനെ ഈ യാഗം ചെയ്യുന്നവൻ മരിച്ചു പോകുന്നു അതുകൊണ്ട് അവന് സ്വർഗഫലത്തിന് അവന് യോഗ്യനായി തീരുന്നില്ല ഇതി അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ദേഹാദ്യ അതിരിതം ദേഹാദികളിൽ നിന്ന് ഭിന്നമായ കഞ്ചിത് അധികാരണം കർമ്മം ചെയ്യുന്ന ഒരുവൻ ഏതോ ഒരുവൻ കഞ്ചിതെന്ന് വെച്ച ഏതോ ഒരുത്തൻ അവന്റെ പേരാണെന്ത് ആത്മാ കഞ്ചിത് ക്ഷിപതി ശാസ്ത്രം ശാസ്ത്രം ഊഹിക്കുകയാണ് മനസ്സിലായോ ശാസ്ത്രം എന്തെയ്യുന്നു അങ്ങനെ ഒരുത്തൻ ഉണ്ടായിരിക്കേണ്ടതാണ് ആത്മാവ് എന്ന് പറഞ്ഞ് ആക്ഷിപതി എന്നാണ് അക്ഷര ശരിക്കും അർത്ഥാപത്തി എന്താണ് പുരോഹിതം പറയാണ് ഞാൻ നിന്നെ കൊണ്ട് യ്ക്കുന്ന ഈ യാഗം ഫലവത്താവണമെങ്കിൽ നീ മരിച്ചു കഴിഞ്ഞാലും ശേഷിക്കുന്ന ഒരാത്മാവ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതിനാണ് ആക്ഷേപം എന്ന് പറയുന്നത് എന്നുവെച്ചാൽ അത് അങ്ങനെ ഒരു ആത്മാവ് ഉണ്ടായിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല പക്ഷെ ആത്മാവ് ഉണ്ടാകണമെന്ന് പുരോഹിതം വാശി പിടിക്കുന്ന എന്തിന് ഞാനീ ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം ഒരു ഫലം അനുഭവിക്കാൻ ഒരാൾ വേണമെങ്കിൽ ആത്മാവ് വേണമെന്നാണ് ഞാൻ ചെയ്യുന്ന ഫലം ഞാൻ ചെയ്യുന്ന പ്രവൃത്തി അതിന്റെ ഫലം അതിനൊരു ഫലമുണ്ടെന്നുള്ളത് ആ ഫലത്തിനു വേണ്ടി ഒരാത്മാവുണ്ടെന്നുള്ളതല്ല ഈ പുരോഹിതന്റെ ഊഹം മാത്രമാണ് അങ്ങനെ അവൻ ഊഹിച്ചിട്ടെന്ത് ചെയ്യുന്നു ഈ കർമ്മം ചെയ്യുന്നവനെ വിശ്വസിപ്പിക്കുകയാണ് ആത്മാവുണ്ടെന്ന് അതിനപ്പുറം ഈ ആത്മാവുണ്ടെന്ന് പറയുന്നതിന് ഇവന്റെ കയ്യിൽ യാതൊരു പുരോഹിതന്റെ ഒരു തെളിവും ഇല്ല ഈ ആക്ഷേപം എന്ന് വെച്ചാൽ ഈ അർത്ഥാവത്യ അല്ലാതെ അപ്പോ ഒരു ചോദ്യം ചില ഇത് പുരോഹിതം പറയുന്നു കർമ്മം ചെയ്യാം പുരോഹിതം തന്നെ പറയുന്നു ഇതിന് ഫലമുണ്ടാകുന്നു സ്വർഗഫലം ഉണ്ടാകും എന്നിട്ട് പുരോഹിതം തന്നെ പറയുന്നു എന്ത് ആ ഫലം അനുഭവിക്കാൻ വേണ്ടി ഒരു ആത്മാവ് ഉണ്ടോന്നു അപ്പോ ഇതെല്ലാം ശരിയാവുന്നത് എന്തുകൊണ്ട് എല്ലാം ശരിയാവുന്നത് എന്തുകൊണ്ടാണ് ഇതെല്ലാം ശരിയാവുന്ന എന്തുകൊണ്ട് ഒന്നുകൊണ്ടുമല്ല പുരോഹിതം പറഞ്ഞു അത്രയല്ല വേറെ ഒന്നും ഇത് ശരിയാകാൻ വേറെ ഒന്നുമില്ല പുരോഹിതം പറയുന്നു എന്താണ് നീ ഈ പ്രവൃത്തി ചെയ്യണം നീ ഈ പ്രവൃത്തി ചെയ്താൽ നിനക്ക് സ്വർഗം കിട്ടുന്നു Mindi, anu, him, we the the well ം കിട്ടാൻ വേണ്ടി എന്താണ് നിനക്കൊരാത്മാവ് ഉണ്ട് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാവുന്ന എന്തുകൊണ്ട് ആത്മാവുകളുണ്ട് നിറവേദം പറയുന്നത് വേറെ ഒന്ന് ഞാൻ പറഞ്ഞ അതുകൊണ്ടെല്ലാം ഉണ്ട് അതുകൊണ്ട് നീ എന്ത് ചെയ്യണം നിന്റെ കയ്യിൽ ഇരിക്കുന്ന കാശിഞ്ഞാരണം ഗ്യാരണ്ടിയാണ് സ്വർഗ്ഗം ഗ്യാരണ്ടിയാണ് എപ്പോ ജീവിച്ചിരിക്കുമ്പോ അല്ല മരിച്ചതിന് ശേഷം അപ്പൊ പുരോഹിതന്റെ ഒരൊറ്റ വാക്ക് ആ വാക്ക് എന്താണ് ശരിയാണ് എന്നവനെ വിശ്വസിപ്പിച്ചിട്ട് എന്താണോ യവനെ കൊണ്ടത്തൊക്കെ ചെയ്യിപ്പിച്ച് എവൻ്റെ കയ്യിരിക്കുന്ന കാശ് വാങ്ങുന്നു ഈ വാക്കിനു പറയുന്നത് എന്താണ് ശാസ്ത്രം പ്രമാണം വേദം പ്രമാണമെന്ന് പറയുന്നു വേദം പ്രമാണെന്ന് പറയുന്നതിന്റെ തട്ടിപ്പ് ഇപ്പൊ മനസിലായ കാശുണ്ടാകാൻ വേണ്ടി പണ്ടത്തെ ആദിവാസികൾ എന്താണ് ജോലി ചെയ്യാതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞ ചില വാക്യങ്ങളെയാണ് ഇന്ന് പറയുന്നത് വേദം പ്രമാണമാണ് ഭഗവാനെവിടെങ്കിലും വർത്തമാനം പറയാറുണ്ടോ ഭഗവാൻ വർത്തമാനം പറയാറുണ്ട് മനുഷ്യനാ വർത്തമാനം പറയുന്നത് ഭഗവാൻ പുസ്തകം എഴുതാറുണ്ട് ഭഗവാൻ എവിടെയാ പുസ്തകം എഴുതുന്നു ഇതൊക്കെ ഈ തട്ടിപ്പ് തന്നെയാണ് ഒരു ദൈവവും പുസ്തകം എഴുതാറുണ്ട് മനുഷ്യരായ പുസ്തകം എഴുതുന്നതൊക്കെ മനുഷ്യരാണ് കണ്ടോ കണ്ടാതെ കാണാതെ ഒന്ന് പുരദൈവുമ്പോ പുസ്തകം എഴുതാറില്ല എന്തുകൊണ്ട് എഴുതാറുണ്ട് <s Shiva> ने ने <cake previous universe> ने ने ീ പറഞ്ഞ കാലത്തൊന്നും പുസ്തകം പേപ്പറില്ല പിന്നെങ്ങനെയാ പുസ്തകം എഴുതുന്നു ദൈവം പേപ്പറും കണ്ടുപിടിച്ച പേനക്കാരാണ് ഈ പറഞ്ഞ കാലത്തൊന്നും പേപ്പറും കണ്ടുപിടിച്ചിട്ടില്ല എഴുതാൻ മനുഷ്യനറിയല്ല മനസിലായോ എന്നാ പിന്നെ ഈ ദൈവം എന്ത് ഈ പേപ്പറും മഷിയും കണ്ടുപിടിച്ചിട്ട് എഴുതാറില്ലല്ലോ ദൈവത്തിനെഴുതാൻ അറിയത്തില്ല കാരണം പേപ്പറിനെ കുറിച്ചും അറിയില്ല പേനയെ കുറിച്ചും അറിയില്ല മഷിയെ കുറിച്ചറിയത്തില്ല അതല്ലേ വേദം എന്ന് പറയുന്നത് മനുഷ്യരിതൊക്കെ പഴയ ആദിവാസികൾ പറഞ്ഞ കാര്യങ്ങൾ പച്ച് ഈ നൂറ്റാണ്ടുകളായി മനുഷ്യനെ പറ്റിക്കുകയാണ് ഇന്നും പറ്റിച്ചോണ്ടിരിക്കുകയാണ് ഞാനും നിങ്ങളും പറ്റിക്കാണ് എന്നിട്ട് ജീവിക്കുകയാണ് മനസ്സിലായ എന്താണ് ദേഹാദി ഭസ്മി പോഹം ഭസ്മമായി കഴിഞ്ഞാൽ പാരലോകിക ഫലായ പരലോകസുഖത്തിനു വേണ്ടി നകൽപ്പതി യോഗ്യമായി തീരുന്നില്ല യാഗം ചെയ്യുന്നവൻ അതുകൊണ്ട് ദേഹാദ്യ അതിരക്ത ദേഹത്തിൽ നിന്ന് ഭിന്നമായി ഖഞ്ചിത് അധികാരണം ഏതോ ഒരു കർമ്മം ചെയ്യുന്നവന് അതായാലാണ് ആത്മാവ് ക്ഷിപതി ശാസ്ത്രം ശാസ്ത്രം ഊഹിച്ച് പറയും അപ്പൊ ശാസ്ത്രം എന്ന് പറയുന്നത് പഴയ കാലത്തെ പുരോഹിതന്മാർ പറഞ്ഞ ഈ വാക്യങ്ങളാണ് ഏത് വാക്യം ജ്യോതിഷമോ സ്വർഗമോ ചെയ്ത ഇത് ഇത് പറഞ്ഞത് കൊണ്ട് ആത്മാവുണ്ട് ഇത് പറഞ്ഞവരി ആത്മാവ് ഇത് പറഞ്ഞുകൊണ്ട് ആത്മാവുണ്ട് ആത്മാവുണ്ട് ഇത് പറഞ്ഞോണ്ട് സ്വർഗമുണ്ട് ഇത് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞവര് കാശ്യം കിട്ടി അവന്റെ പല തലമുറകളൊക്കെ എത്രയോ ജീവിച്ചു ഇത് ഒരു ദുഃഖവും അറിയാതെ തലമുറ തലമുറകളായി എത്ര നൂറ്റാണ്ടുകൂടെ ബാക്കി കൊറേ മനുഷ്യനോട് തലമുറ തലമുറ ആയി നരയിക്കുകയും ചെയ്തു ഇതിനെയാണ് ആർഷ സംസ്കാരം എന്ന് പറയുന്നത് മനസിലായി കേട്ടോ സ്കാരം എന്ന് പറഞ്ഞാ എന്താണെന്ന് ഉം അതും പുറത്ത് പറഞ്ഞാ അടി കിട്ടും നാല് ചുവരകൾ പിള്ളേര് ഒക്കെ പറയാൻ പറ്റും കൂടെ ഓർത്തോണം പുറത്തൊന്നു പറയും പ്രസംഗിക്കരുത്